ഭ്യന്തര വ്യാമോ കളവുൺ ധനവതി തേജോമയോകീവ്രീമുഖീ വലതമർശിനീ സു സങ്കീർത്തരീ ന്ത വ്യാഖ്യതകൈഭവോ യഞ്ഞ്ചാരണ പാണവുഷ്യാതിഷ്ടശ്വാഹ്ലാദാഭിതാക്കലക്ഷണമോർന്ദരവൃശൂമി യോദിയർശ്യാമോസ് ശങ്കരദ്യപടോ ീന പ്രത്യക്ഷീർമോഹാരമസ്കൃമോക്ഷണം വേദ്യത്തെ സതി അപരോക്ഷം അപരോക്ഷ്യൂഹാരോഗ്യത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ പോകും ഘടാദികൾ അത് ഒഴിവാക്കാൻ വേണ്ടി അവൈദ്യത്വം പറഞ്ഞു അവൈദ്യത്വം പറഞ്ഞാൽ ഘടത്തിൽ പോകുന്നില്ലേ എന്തുകൊണ്ട് ഘടം വേദ്യമാണ് എന്നാൽ പിന്നെ അവേദ്യം എന്ന് മാത്രം പറഞ്ഞാൽ എന്തു ദോഷം പറഞ്ഞു അതീത അനാഗതേഷു നിത്യാനുമു ധർമാതി ധർമാധിഷിച്ച അതിവ്യാപ്തി അത് പരിഹരിക്കണം അതാണ് പൂർവക്ഷി പറയുന്നത് ധർമാദികൾ അവേദ്യമല്ല അവിടെ പോകത്തില്ലോ അവേദ്യമാണോ പറയുന്നു വേദ്യഅവേദ്യം എന്ന് പറയുന്നത് ഞാൻ വിഷയത്വ അവിഷയത്വല്ല പിന്നെയോ ഫലവ്യാപ്തിയും അതിവ്യാപ്തി ഫലവ്യാപ്തി ഉണ്ടെങ്കിൽ ഞങ്ങൾ വേദ്യമായി സ്വീകരിക്കത്തുള്ളൂ ധർമാദികളെ സംബന്ധിച്ച് ഫലവ്യാപ്തിയില്ല അതുകൊണ്ട് അത് അവേദ്യമാണ് അപ്പൊ അവേദ്യം എന്ന് മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ ധർമാദികളിൽ പോകും ആ അപ്പോ ചോദിക്കുന്നു അതങ്ങനെ പറയാൻ കഴിയും ധർമാദികളുടെ ആഗമവേദ്യണല്ലോ ആഗമത്തിൽ നിന്നറിഞ്ഞിട്ടാണല്ലോ അനുഷ്ഠാനം വരുന്ന ആഗമവേദ്യം അവിടെ പറയുന്നു തത്ര വിശിഷ്ട ശബ്ദ പ്രമാണബലാ ധീവൃത്തി സമുല്ലാസമാത്ര ദൈവ അവിടെ ധീവൃത്തി ഉണ്ടാകാം എന്ത് തഥാകാരം എന്ന് പറഞ്ഞാൽ ധർമാകാര തദ്വ്യവഹാര ഇതി വേദവാദിന പ്രക്രിയ ധീവൃത്തി ഉണ്ടാകുന്നതിനത് യോഗ്യമായിരിക്കുന്നു എന്നില്ല ഏകദേശം ധീവൃത്തി ഉണ്ടാകാം കേട്ടാ ബോധം ഉണ്ടാകും അത്രേ ഉള്ളൂ അങ്ങനെ വൃത്തിവ്യാപ്തി എന്ന് പറയും ഫലവ്യാപ്തികുന്നു അത് എന്നാലും പറയുന്നു ധർമാദികളെ സംബന്ധിച്ച് എന്നുവെച്ചാ യോഗ്യപ്രത്യക്ഷ ഗമ്യതയാ അപരപക്ഷത്വം ധർമാദി ചോദനേക പ്രമാണവേദ്യത്തെ നവദർശിത്വോർശിത്വശ്ദിനോയസ്രഷവ സിദ്ധാന്തി പറയുന്നു എന്താനിവിടെ ധർമാദികളെ ഒഴിവാക്കുന്നതിനു വേണ്ടി അവേദ്യം എന്ന് ചേർക്കണം എന്നുവെച്ചാൽ ധർമാദികൾ വേദ്യമല്ല അപ്പൊ പുറഷു പറയുന്നു ധർമാതിൽ പോകത്തില്ല ധർമാധിയിൽ ലക്ഷണം പോവാതിരിക്കണമെങ്കിൽ എന്തു വേണം ധർമാധി കേവലം അവേദ്യത്വം എന്ന് പറഞ്ഞു ഇത്രയേ പറഞ്ഞു അപ്പൊ അത്രയും പറഞ്ഞു കഴിഞ്ഞാൽ ധർമാതി പോകുന്നു പറഞ്ഞു അപ്പൊ പൂർവേഷുന്നു പോകത്തില്ല അത് വേദ്യമാണ് അത് ഇല്ല അത് അവേദ്യം തന്നെയാണ് അവിടെ ഫലവ്യാപ്തി ഇല്ലാത്തതുണ്ട് അപ്പൊ പൂർവക്ഷറിയുന്നു അത് യോഗി പ്രത്യക്ഷം ആണ് എന്ന് പറഞ്ഞാൽ അത് വേദ്യമാണെന്ന് പറഞ്ഞാൽ എന്താ ഫലവ്യാപ്തിന് േദ്യമല്ല വേദ്യമാണ് എങ്ങനെ വേദ്യമായി ധർമാദികൾ യോഗികൾക്ക് പ്രത്യക്ഷമാണ് യോഗികൾക്ക് എന്തുകൊണ്ട് ധർമാദികൾ പ്രത്യക്ഷമാകുന്നു യോഗികൾ സർവജ്ഞന്മാരാണ് സിദ്ധന്മാര് അപ്പൊ അതിനെ നിഷേധിക്കുന്നു അങ്ങനെ ഒരു സർവജ്ഞത്വം അംഗീകരിക്കാൻ കഴിയില്ല യോഗികൾക്കില്ല ആർക്കും ഇല്ല സർവജ്ഞത്വം അങ്ങനെയില്ല പിന്നെ എന്താണ് സാധാരണ ഉള്ളവരെക്കാളും വിശേഷതകൾ കാണും ചിലത് അതായത് യോഗ്യമായ വിഷയങ്ങളിലുള്ള അനുഭവത്തിന് വ്യത്യാസം തരാം എന്നും പറയുന്നു ഇപ്പോ ചക്ഷേന്ദ്രിയം കൊണ്ടാണ് രൂപത്തെ ഗ്രഹിക്കേണ്ടത് അല്ലെങ്കിൽ രൂപവത്തായ ദ്രവ്യത്തെ ഗ്രഹിക്കേണ്ട അത് അതിസൂക്ഷ്മമായ ദ്രവ്യത്തെ ഗ്രഹിക്കുന്നതിന് ചിലർക്ക് ശേഷി അത് സിദ്ധിയാണ് സാധാരണക്കാർക്ക് കാണാൻ വയ്യാത്തതിന് ചിലർക്ക് കാണാൻ പറ്റും അതിദൂരെയുള്ള വസ്തുക്കളെ അതുപോലെ സാധാരണ കണ്ണുകൊണ്ട് കാണാൻ വയ്യാത്തത് കാണാൻ പറ്റും ദേവന്മാർക്കും മറ്റും കാണാൻ പറ്റും അവർക്ക് ദേവലോകത്തിലിരുന്നുകൊണ്ട് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എന്തൊക്കെ നടക്കുന്നു ഒരു ഉറുമ്പ് എഴയെന്ന് പോലും അറിയാൻ പറ്റും സാറ്റലൈറ്റ് പോലെ അത് അത്രയും അംഗീകരിക്കുക അതിനപ്പുറം ഒരു എന്താണ് സർവഞ്ജത്വം ഒന്നും അങ്ങനെ അറിയാൻ പറ്റില്ല എന്ന് വെച്ചാൽ ധർമാധർമാദികളെന്ന് പറയുന്നത് അന്ധക്കരണത്തിലാണ് ഇരിക്കുന്നത് ഇതെങ്ങനെ പ്രത്യക്ഷമാവും ചക്ഷിണേന്ദ്രിയവിടെ പ്രവർത്തിക്കുവോ യോഗികളുടെ പ്രവർത്തിക്കുവോ അത് ബാഹ്യ വിഷയങ്ങളിലേ പ്രവർത്തിക്കത്തുള്ളൂ ഇന്ദ്രിയൊക്കെ അതിന്റെ സ്വഭാവമേ കാണിക്കത്തുള്ളൂ കണ്ണിന് വളഞ്ഞ അകത്തോട്ട് പോയിട്ട് അവിടെ ഇരിക്കുന്ന ധർമ്മത്തിൽ പോയിത്തൊടാൻ പറ്റൂ പിന്നെ അവിടെ മനസ്സുകൊണ്ടറിയുന്നു മനസ്സെന്ന് പറയുന്ന യോഗ്യമായ വിഷയങ്ങളെ ഗ്രഹിക്കുകയോ അല്ലാതെ എന്നെ ഗ്രഹിക്കില്ല ധർമാധർമാദികൾ അയോഗ്യമാണ് മനസ്സിനെ അനുഗ്രഹിക്കാൻ പറ്റത്തില്ല ഗ്രഹണയോഗ്യത അനാകത്തില്ല പിന്നെ യോഗികൾ പറയുന്ന ഒരു കാര്യമുണ്ട് യോഗാഭ്യാസം കൊണ്ട് വിശിഷ്ടമായൊരു അധിഷ്ഠമുണ്ടാവും ഒരു പ്രത്യേക ശക്തി സാമർഥ്യം ആ സാമർഥ്യം കൊണ്ട് സാധാരണക്കാർക്ക് അറിയാൻ വയ്യാത്തതും അറിയാൻ പറ്റും സാധാരണ മനുഷ്യർക്ക് അയോഗ്യമായിരിക്കുന്ന ധർമാദികളും അറിയാൻ പറ്റും വിടെ ചോദിക്കുന്നത് ഈ വിധിഷ്ട ഈ വിശിഷ്ടമായൊരധിഷ്ഠം യോഗികളിൽ ഉണ്ടാകുമെന്ന് പറയുന്നുണ്ടല്ലോ ഇതെങ്ങനെ ഉണ്ടായി അനുസമാനം പറയണ്ടേ യാഗം ചെയ്താൽ അധിഷ്ഠം ഉണ്ടാവും യാഗം ചെയ്തിട്ടാണ് ഉണ്ടാവും വെറുതെ അങ്ങ് അതിഷ്ടം അതുപോലെ ഇങ്ങനെയുള്ള അതീന്ദ്ര വസ്തുക്കളെയൊക്കെ പ്രത്യക്ഷമാക്കുന്നതിനുള്ള ഒരു സാമർഥ്യം യോഗയിലുണ്ടെങ്കിൽ അതെങ്ങനെ ഉണ്ടായി എന്തു പറയും യോഗാഭ്യാസം യോഗാഭ്യാസം കൊണ്ടുണ്ടായി അതെങ്ങനെ ഉണ്ടാവും യോഗിക്കൊരു ദിവസം രാവിലെ ഉറക്കമാണിറ്റപ്പൊ യോഗാഭ്യാസം ചെയ്യണമെന്ന് തോന്നിയാ എന്തെന്നും പറഞ്ഞു ചെയ്യും യോഗാഭ്യാസം പറഞ്ഞ് എന്താ അഭ്യാസം കാണിക്കുന്നത് ഏ എങ്ങനെ യോഗസൂത്രത്തിലും വരും അത് തന്നെ അത് പറയുന്നത് ഇപ്പൊ യാഗം എങ്ങനെയാണ് ചെയ്യുന്നത് യാഗത്തിൽ നിന്ന് പുണ്യം ഉണ്ടാകുമെന്ന് അറിഞ്ഞിട്ടാണ് ചെയ്യുന്നു എന്തുകൊണ്ട് യാഗത്തിൽ നിന്ന് പുണ്യം ഉണ്ടാകുമെന്ന് പറഞ്ഞ് യാഗം ചെയ്യുന്നു ശ്രുതി വചന വിധിവാക്യങ്ങൾ പ്രമാണമായിരുന്നു അതുപോലെ യോഗി ഇപ്പോഴത്തെ രാവിലെ എഴുന്നേറ്റ് എഴുന്നേറ്റ് അഭ്യാസം ചെയ്യുന്നതല്ല മൂക്കിപ്പിടിക്കുകയും ചെയ്യുന്നില്ല യോഗിയുടെ ഗുരു പറഞ്ഞു യോഗ്യന്തരവചന മറ്റൊരു യോഗി പറഞ്ഞു ഇതിങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിനക്ക് അപ്പോൾ യോഗ്യന്തരവചനം പ്രമാണമാണ് ഇങ്ങനെ ഇതിനെ ഇങ്ങനെയൊക്കെ ഉണ്ടാകുമെന്ന് പറഞ്ഞു അതിഷ്ട ഇതുണ്ടാകും എന്ന് പറഞ്ഞു അപ്പോൾ അതിൽ നിന്ന് എന്ത് ചെയ്തു യോഗജ സാമർഥ്യത്തെ കുറിച്ച് യോഗിക്കറിവുണ്ടായി ആ സാമർഥ്യം നേടാൻ വേണ്ടി യോഗി അഭ്യാസം ചെയ്തു അപ്പോൾ അതിൽ നിന്ന് ഇതുണ്ടാവുന്നുണ്ട് പറയുന്നു ഒരു എന്താണ് വിവേകിയായ ഒരുവൻ വിവേകിയുടെ കാര്യം പറയുന്നു പ്രവർത്തിക്കണമെങ്കിൽ അയാൾക്ക് പ്രാമാണികമായ അറിവുണ്ടായാലേ അതീ പ്രവർത്തിക്കത്തുള്ളൂ ഇല്ലെങ്കിൽ അവന് ഏത് കാര്യത്തിനും നിയോഗിക്കാം മന്ദബുദ്ധികളാണെങ്കിൽ എന്ത് പറയും അവനോട് പറഞ്ഞു കൊടുക്കുകയാണ് നീ ഇവിടെ ഒരു ഏണി വെച്ച് കയറി കഴിഞ്ഞാൽ അവർക്ക് സ്വർഗ്ഗത്തിൽ എത്താമെന്ന് പറഞ്ഞാൽ അവൻ ഏണി വെച്ച് കയറും വിവേകിയായ മനുഷ്യനെങ്ങനെയല്ല അവന് പ്രമാണം കിട്ടണം അതിൽ നിന്ന് അറിവുണ്ടാവണം എന്നുവെച്ചാൽ പ്രമേയെ ആശ്രയിച്ചിട്ടാണ് അവന്റെ പ്രവൃത്തി നിങ്ങൾ പറയുന്നു യോഗി മറ്റൊരു യോഗി പറഞ്ഞതുകൊണ്ട് പ്രമാജ്ഞാനമുണ്ടായി ആ ജ്ഞാനം കൊണ്ട് പ്രവർത്തിച്ചു അഭ്യാസം ചെയ്തു യോഗിച്ച ധർമ്മുണ്ടായി ധർമ്മം പ്രത്യക്ഷമാകും നീ മറ്റേ യോഗിയുണ്ടല്ലോ ആ യോഗിയുടെ വാക്കെങ്ങനെ പ്രമാണമാകുന്നു അതിനോട് യോഗി ആ മറ്റേ യോഗി പറഞ്ഞു ആ യോഗിയുടെ അത് മറ്റേ യോഗി പറഞ്ഞു എന്നുവെച്ചാ അന്ധപരമ്പര ദോഷം അന്ധപരമ്പര എന്ന് വെച്ചാൽ പ്രമാണമേ അല്ല അധികപക്ഷേ െന്ന് പറയുള്ളൂ പറയുന്നത് ഇത് പ്രമാണത്തെ കുറിച്ച് അറിച്ച് ഇവിടെ വിശ്വാസം കൊണ്ടുവരുള്ളൂ നിങ്ങളൊരാ ഇവിടെ ഇതിനകത്ത് ആനന്റെ പുറത്ത് യക്ഷയിരിക്കുന്നു പറഞ്ഞു നിങ്ങളുടെ വിശ്വാസം ഉണ്ടെന്ന് പറയാം അത് പറഞ്ഞിട്ട് കാര്യമില്ല പ്രമേ ഉണ്ടാകുമെന്നുള്ളതാണ് പ്രമേ ഉണ്ടായാലേ അരിയോ വിപശ്ചിത് പ്രവർത്തിക്കത്തുള്ളു അതുകൊണ്ട് യോഗ്യന്തരവചനം കൊണ്ട് പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം പ്രമേയം ഉണ്ടാകണം പിന്നെ അതിൽ പ്രവർത്തിക്കണം ഇതൊന്നും നടക്കത്തില്ല അന്ധപരമ്പരയാണെന്ന് മനസ്സിലാകുമ്പോൾ ബുദ്ധിയുള്ളവൻ അത് ചെയ്യാൻ പോകും ബുദ്ധിയോളം ചെയ്യത്തില്ല അല്ലാത്ത ചെയ്യും കാരണം അതെന്തുകൊണ്ടങ്ങനെ പറയുന്നു ഇവിടെ ഉണ്ടാകുന്ന ഫലം എന്ന് പറയുന്നത് അദൃഷ്ടമാണ് അപ്പം അദിഷ്ടമായ ഫലം ഉണ്ടെങ്കിൽ ശരി ഇപ്പം രാവിലെ യോഗ ചെയ്യാൻ ടി വിയിൽ കണ്ടത് നമ്മളത് ചെയ്യുന്നു എന്തുകൊണ്ട് ശരീരം മേർക്കുന്നത് ദുഷ്ടഫലമാണ് ശരീരം മേർക്കുന്നു കയ്യും കാലം പിടിച്ചു വളക്കുകയും പിടിക്കുകയും ചെയ്യുമ്പോൾ ശരീരം മേർക്കുന്നു അവിടെ വേദനിക്കുന്നു ഓ യോഗ സൂപ്പറാണ് ദുഷ്ടഫലമുണ്ട് ചെയ്യാതിരുന്നാതുണ്ടാവും ദുഷ്ടഫലത്തിന്റെ കാര്യത്തിലല്ല വിഷയം തർക്കം വരുന്ന അദിഷ്ടഫലമാണ് കാരണം ഇദ്ദേഹം പറയാണ് ഞാൻ നിന്റെ ഉള്ളിലിരിക്കുന്ന പുണ്യത്തെയും പാപത്തെയും കാണുന്നു പുണ്യം എന്ന് പറയുന്ന നല്ല ഗോൾഡ് കളറിലിരിക്കും പാപമെന്ന് പറയുന്നത് കറുകറാന്നിരിക്കും പറത്തിരിക്കും അത് രണ്ടും ഞാൻ കാണുന്നു എന്ന് പറയുന്നത് ഇതെങ്ങനെ കണ്ട് താൻ യോഗിയോട് ചോദിക്കണം എന്ന് പറയുന്നത് അത് ഞാൻ എങ്ങനെ അഭ്യാസം ചെയ്തു അഭ്യാസം ചെയ്തപ്പോ എന്ത് സംഭവിച്ചു എനിക്കൊരു പ്രത്യേക ശക്തി ഉണ്ടായി ശരി നീ അങ്ങനെ ഏത് ശക്തിക്ക് വേണ്ടി അഭ്യാസം ചെയ്തെങ്ങനെ എന്റെ ഗുരു പറഞ്ഞു അതിൽ അത് പ്രമാണമാണെനിക്ക് വിശ്വാസമല്ല പ്രമാണം രണ്ട് രണ്ടാണ് രണ്ടും കൂടെ കൂട്ടിക്കുഴക്കരുത് വിശ്വാസവും പ്രമാണവും തിരിച്ചറിയണം വിശ്വാസം കൊണ്ട് മനുഷ്യനെന്തും ചെയ്യാം ഞാൻ പറയണ ആ കണക്ട് ഒരു നിധി കടപ്പുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസം ഞാൻ പറയുന്ന വിശ്വാസം ഉണ്ടെങ്കിൽ എടുത്താണ് വിശ്വസിച്ചിട്ട് കിട്ടുകയോ കിട്ടില്ലെന്നുള്ളത് പിന്നെ രണ്ടാമത്തെ കാര്യം ഏ മലയാളത്തില് വിശ്വാസ പ്രമാണെന്നുള്ള അത് വിശ്വാസം പ്രമാണമാണെന്നുള്ള തെറ്റാറുണ്ടോ മലയാളത്തിൽ ആരും പ്രമേയം എന്ത് ചിന്തിക്കാറില്ലല്ലോ ആ പറയുന്നവരുടെ പ്രമാണങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ അറിയത്തില്ല കേട്ടോ അത് വേറൊരു വിഷയമാണ് അതൊരു ചിത്തവൃത്തിയാണ് വിശ്വാസം വിശ്വാസം ഉണ്ടോ അല്ലേ എന്നുള്ളതല്ല പ്രമാണ ചർച്ചയിൽ അതിന്റെ സ്ഥാനം എന്തെന്നുള്ള അപ്പൊ പ്രമാണത്തെ സ്വീകരിച്ചുകൊണ്ടേ വിവേകി പ്രവർത്തിക്കത്തുള്ളൂ അങ്ങനെ പ്രവർത്തിക്കത്തുള്ളൂ വിശ്വാസം ഉണ്ടായിരിക്കുക ഇല്ലായിരിക്കാം അത് വേറൊരു കാര്യം പ്രമാണത്തിൽ ഒരാൾക്ക് വിശ്വാസം വേണമെന്ന് വെച്ചാൽ ആയിക്കോട്ടെ വിരോധമൊന്നും വിശ്വാസം ഇല്ലെങ്കിൽ വേണ്ട അതെല്ലാം മറ്റൊരു കാര്യം ഇപ്പം ഞാൻ വിശ്വസിക്കുന്നു എനിക്ക് കണ്ണുണ്ട് വിശ്വസിക്കുന്നതിൽ ആർക്കെങ്കിലും കാര്യം തടയാൻ പറ്റുമോ അത്താനെന്തിനാ വിശ്വസിച്ചതെന്ന് ചോദിച്ചു വിശ്വാസം കൊണ്ട് എനിക്ക് കണ്ണുണ്ട് അതുകൊണ്ടെന്താ ഞാനങ്ങനെ കണ്ണുണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ടാണ് എനിക്കത് കാണാൻ പറ്റുന്നത് അന്ന് പറഞ്ഞാൽ ശരിയാണോ അത് വിശ്വാസമാണോ ചോദ്യം ചെയ്യാൻ പറ്റില്ല ആരുടെയും വിശ്വാസം നമുക്ക് ചോദ്യം ചെയ്യാൻ പറ്റത്തില്ല അതൊരു അവകാശമാണ് ഭരണഘടനയെപ്പോലെ എഴുതി വെച്ചിട്ടുള്ള അവകാശമാണ് ഇവിടെ അതല്ല പ്രമാണത്തെ കുറിച്ച് ചർച്ച ചെയ്യുമ്പം അതല്ല സംഗതി വേറെയാണ് അപ്പം യോഗ്യന്തര വചനം കൊണ്ട് വിശിഷ്ട അതിർഷ്ടത്തിൽ വിശ്വസിച്ചുകൊണ്ട് അതിനുവേണ്ടി പ്രയത്നിച്ചു ഞാൻ സിദ്ധനായിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്വീകരിക്കില്ല അന്ധപരമ്പരയാണ് പിന്നെ ഒരാശ്രയം എന്താണ് യോഗസൂത്രത്തില് അതാണ് യോഗ്യന്തരവചനം യോഗസൂത്രമാണ് യോഗ്യന്തരവചനംന്ന് പറയുന്നത് എഴുതി വച്ചാൽ മതി നേരിട്ട് പറയണമെന്നല്ലോ പിന്നെന്താണ് ഒരു വഴി യോഗയുടെ കാര്യാണ് ഈ പറഞ്ഞത് ചത്താലെന്ത് ജീവിച്ചിരുന്നാലും ഏ എങ്ങനെ യോഗസൂത്രം എന്ന് പറയുന്നല്ലേ യോഗ്യന്തര വചനം എന്ന് പറയുന്നു ഏഹ് വേദത്തിന്റെ ആദ്യം വരട്ടെ വേദത്തിന്റെ ആരെയും അവസാനം വരും അപ്പൊ യോഗ്യന്തര വചനം സ്വീകരിച്ചു കഴിഞ്ഞാൽ അന്ത പരമ്പര ചിലർ പറയും ദൈവം നേരിട്ട് പറഞ്ഞാണ് പോയോ അല്ലെന്ന് വേറൊരാൾക്ക് പറയാൻ പറ്റുമോ യോഗിയെന്നുമല്ല ദൈവം പറഞ്ഞു അങ്ങനെ വന്നുകഴിഞ്ഞാൽ ദൈവം പറഞ്ഞെന്ന് പറഞ്ഞാൽ നമ്മൾ ശ്രദ്ധയുള്ളവരാണെങ്കി പറയൂ ശരി ആ ദൈവം പറഞ്ഞു ഏഹ് ഏഹ് പ്രമാണോ നമ്മള് അങ്ങനെ സ്വീകരിക്കും പക്ഷേ ഇത് ചോദ്യം ചോദിക്കുന്നോ പറയും ഏത് ദൈവം ദൈവത്തിന്റെ അഡ്രസ് കൊടുത്ത് ഏത് ദൈവം ദൈവങ്ങൾ ഒരുപാടില്ലേ ഏത് ദൈവത്തെ കുറിച്ചാണ് നിങ്ങൾ പറയുന്നത് ദൈവം ഏതെന്ന് പറയേണ്ടി വരും ഇന്നിപ്പോ ഇന്നത്തെ രീതിയിൽ ചോദിക്കാണെങ്കിൽ പറയാം അതായത് ഇസ്ലാമിന്റെ ദൈവമാണോ ക്രിസ്ത്യാനിയുടെ ദൈവമാണോ ഹിന്ദുവിന്റെ ദൈവമാണോ ഹിന്ദുവിന്റെ ദൈവത്തെ തന്നെ ഈ മുപ്പത്തി മുക്കോടിയിലാരു ചോദ്യം അവരുടെ ഐ ഡി കാർഡും ആധാർ കാർഡും എല്ലാം ചോദിക്കും അത് ഇതാവും അപ്പൊ പഴയ രീതിയിൽ പറയണെങ്കിൽ പറയും പൊതുവെ ഇവിടെ ഇപ്പം സംസാരിക്കുന്ന ആരാണ് കാര്ക്കികന്മാർ അവർ പറയും ഞങ്ങളെ ദൈവം പറയും താർക്കിക ദൈവം യൗകിക ദൈവം ഇല്ലല്ലോ ഉണ്ടെങ്കിൽ തന്നെ അത് വേറെ രീതിയിലാണ് സംഖ്യന്മാർക്കില്ല യോഗികൾ ഉണ്ടെന്നാലും അത് വേറെ പിന്നെ ആ ദൈവത്തെ കുറിച്ചപ്പോൾ ചിന്ത വരും ദൈവം എങ്ങനെ പറഞ്ഞു ദൈവം പറഞ്ഞു എന്ന് വെച്ചാൽ ഓരോരുടെത്തും ദൈവ സ്വകാര്യം പറഞ്ഞു എന്ന് പറഞ്ഞാൽ ആൾക്കാർ അംഗീകരിക്കത്തില്ല അങ്ങനെ ആർക്കും പറയാം ദൈവം പറഞ്ഞു എന്ന് പറഞ്ഞാൽ ചെയ്യാം അപ്പം ദൈവം പറഞ്ഞു എന്ന് പിന്നെ എന്തിനും അംഗീകരിക്കേണ്ടി വരും വേദത്തെ അംഗീകരിക്കേണ്ടി വരും തർക്കന്മാരും അങ്ങനെയാണ് സ്വീകരിക്കുന്നത് ഈശ്വരോക്തത്വാ പ്രമാണം എന്ന് പറഞ്ഞാൽ വേദത്തിൽ പറഞ്ഞു വരും അപ്പൊ വേദത്തിൽ പറഞ്ഞു എന്ന് വന്നു കഴിഞ്ഞാൽ അവിടെ വലിയൊരു പ്രശ്നം എന്താണ് അപ്പോ വേദത്തെ പ്രമാണമായി ഈശ്വരം പറഞ്ഞതുകൊണ്ട് വേദത്തെ പ്രമാണമായിട്ട് സ്വീകരിച്ചുകൊണ്ടാണ് നിങ്ങൾ യോഗാഭ്യാസം തുടങ്ങിയത് അല്ലേ അപ്പോ ഈശ്വരന് എന്താ പ്രമാണം നിങ്ങൾക്ക് വേദം അന്യോന്യാസം ഈശ്വരൻ പറഞ്ഞതുകൊണ്ട് വേദം പ്രമാണമായി വേദം പറഞ്ഞതുകൊണ്ട് ഈശ്വരൻ പ്രാമാണികമായി അന്യുന്യാസരദോഷം പിന്നെ പല ദോഷങ്ങളും വരുന്നു അമ്പറിനല്ലല്ല എന്നാദ്യ വിട്ട് അപൌരുഷീയമായ വേദം എന്ന് പറയും അപൌരുഷീയമായ വേദം എന്ന് പറയും അപൌരുഷീയമായ വേദം പിന്നെ ഈശ്വരന്റെ ആവശ്യമില്ലല്ലോ അപ്പം അപൂരുഷീയമായ വേദം പിന്നെ വേദത്തിൻ്റെ അപൌരുഷതയെക്കുറിച്ച് ചർച്ചയാവും അത് അവസാനം അദ്വേദിക്ക് കൂടി സമ്മതമായ രീതിയിൽ പറയേണ്ടി വരും എന്താണോ അത് വേദം പറഞ്ഞതുകൊണ്ടാണെന്ന് പറയേണ്ടി വരും പറഞ്ഞത് കൊണ്ടാണ് വേദം പറഞ്ഞതുകൊണ്ട് ഇങ്ങനൊരു ശക്തി ഉണ്ടാവും അതുകൊണ്ട് ഞങ്ങൾക്ക് അതീന്ദ്രിയമായ അറിവുണ്ടാവും വേദം പറഞ്ഞിരിക്കുന്നു അങ്ങനെ പിന്നെ ഇതങ്ങ് ആദ്യം പറഞ്ഞപ്പോരെ വേദം പറഞ്ഞില്ല വേറെ ഒരു വഴി ഏത് വഴി പറഞ്ഞാലും വഴി അടഞ്ഞു വേദം പറഞ്ഞു എന്ന് പറയേണ്ടി വരും എന്നാ പിന്നെ ഇത് ആദ്യം ഒന്ന് പറഞ്ഞപ്പോ വരും വേദം പറഞ്ഞത് കൊണ്ടാണോ അല്ലേ അപ്പൊ പിന്നെ ഇത് വേദത്തിൽ പരിശോധിച്ച് നോക്കേണ്ടി വരും വേദത്തിൽ പരിശോധിക്കണം എന്താ വേദത്തിനങ്ങനെ പറഞ്ഞിട്ടുണ്ടോ അതിനാണ് ഇവിടെ കുമാരലി ഭട്ടനെ പറയുന്നത് ഇത്രാഭ്യ അതിശയോദിഷ്ടൂക്ഷുസ്യൂപേ ശ്രോത്ര വൃത്തി എന്നാൽ വേദത്തിൽ പറഞ്ഞിട്ടില്ലാന്ന് ചുരുക്കം വേദത്തിൽ അങ്ങനെ ഒരു ഇടപാട് പറഞ്ഞിട്ടില്ല എന്നു പറഞ്ഞെന്തായി അങ്ങനെ അതീന്ദ്രിയമായ ജ്ഞാനം എന്ന് പറയുന്നത് അതീന്ദ്രിയ വിഷയങ്ങളെ കുറിച്ചൊന്നും അങ്ങനെ ഉണ്ടാകത്തില്ല എന്നാൽ ചില ആൾക്കാർക്ക് ചില വിശേഷതകൾ ഉണ്ടാവും അനുദാഹരണം പറയുന്നു ഗരുഡന്റെ ചേട്ടൻ ആരാണ് ഗരുഡൻ ചേട്ടൻ അരുണ സൂര്യമണ്ഡലത്തേക്ക് രണ്ടുപേരും കൂടെ പറന്നു പോയപ്പോഴത്തേക്ക് അനുജന് അനുജനെ തീപിടിക്കുമെന്നും പറഞ്ഞ് ജ്യേഷ്ഠൻ മേളിക്കയറി കരിഞ്ഞ് താഴെ വീണ് വെള്ളവും അന്നവും ഒന്നും കിട്ടാതെ കഷ്ടപ്പെടുമ്പം കുരങ്ങന്മാർ അവിടെ ചെന്ന് നിരാശരായി കിടക്കുമ്പോൾ അവരെ തിന്നാൻ വേണ്ടി അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ പറയുന്നു ജഡായുവിന്റെ കഥ അത് കേട്ട് വിവരങ്ങളൊക്കെ അറിഞ്ഞ് എന്തിനാ വന്നത് സീതാന്വേഷണത്തിനാണ് ഞാൻ സഹായിക്കാമെന്ന് പറഞ്ഞിട്ട് ജായി ഒന്ന് തല പൊക്കി നോക്കിയപ്പോൾ എവിടെ കണ്ട് അശോകവാടിയിൽ ശിംശവാകൃഷത്തിന്റെ ചോട്ടിലിരിക്കുന്ന സീതയെ കണ്ട് അത് സംഭവിക്കും എന്തുകൊണ്ട് കണ്ണും ഉണ്ടാകേണ്ടത് കണ്ണിനങ്ങനെ ശക്തി കൂടാം എന്തുകൊണ്ടത് പ്രത്യക്ഷയോഗ്യമായ ഒരു കാര്യമാണ് അടുത്തുപോയ കാണാമല്ലോ അങ്ങനെയാണെങ്കിൽ സമ്പാദികൾ കണ്ണെന്ന് പറയുന്ന ഒരു റഡാറുപോലെയായിരുന്നു എത്ര ദൂരെയുള്ള കാണും എത്ര അത് നോക്കണം അത് ഗൃദ്ധം കഴുകൻ മനുഷ്യനെക്കാളും കാഴ്ചശക്തിയില്ലേ അതിനൊരു യാഥാർത്ഥ്യം ഉണ്ടല്ലോ അതിനെ കഥാരൂപത്തിൽ അവതരിപ്പിച്ചു അർജുനൻ കണ്ടെന്ന് പറയുന്നത് എന്തിനാണ് വിശ്വരൂപം രൂപത്തെ കണ്ടത് ഞാനിത് അത് കാണുന്നു ഇത് കാണുന്നു സാധാരണ മനുഷ്യനെ കാണാൻ പറ്റും എന്റെ രൂപത്തെ എന്തുകൊണ്ടാണ് കാണുന്നത് അപ്പൊ കണ്ണുകൊണ്ട് തന്നെ സാധാരണ മനുഷ്യർക്ക് കാണാൻ വയ്യാത്ത കാര്യങ്ങൾ കാണാൻ പറ്റും കാണുന്നത് ഒരു ശക്തിവിശേഷം തന്നെയാണ് പ്രസാദ എന്ന് പറഞ്ഞില്ലേ അങ്ങയുടെ അനുഗ്രഹം കൊണ്ട് ഞാൻ കണ്ടു അപ്പൊ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് അർജുനൻ അങ്ങനെ ഒരു ശക്തി ഉണ്ടായി കണ്ടു പക്ഷെ അതും ഒരു മര്യാദയുണ്ടായിരുന്നു ഇതൊക്കെ സംഭവിക്കുക അതിനപ്പുറം എന്താണ് ആർക്കും പറയാൻ പറ്റത്തില്ല ഞാൻ കണ്ണുകൊണ്ട് കാണുന്നു എന്നതിന് പേരെ ഞാൻ കണ്ണുകൊണ്ട് കേൾക്കുന്നു ചെവി കൊണ്ട് കേൾക്കുന്നു അതിന് പേരെ എന്താണ് ഞാൻ ചെവി കൊണ്ട് അതൊന്നും പറയാൻ സംഭവിക്കില്ല അപ്പൊ ഇന്ദ്രിയങ്ങളും മനസ്സും കൂടും ഒത്തുചേർന്ന് അതാത് വിഷയങ്ങളിൽ പ്രവർത്തിക്കുന്നതിനൊരു നിയമമുണ്ട് ആ നിയമത്തെ ഉല്ലംഘിച്ചുകൊണ്ട് അയോഗ്യമായ വിഷയങ്ങളെയൊന്നും ഒരിക്കലും ആർക്കും ഒരു സർവജ്ഞനം ഉണ്ടാകത്തില്ല സർവജ്ഞത്വം എന്ന് പറയുന്ന അംഗീകരിക്കുന്നുണ്ട് പക്ഷെ അതിന് പരിമിതിയുണ്ട് അതുകൊണ്ട് യോഗികൾ അധർമ്മത്തെ ധർമ്മത്തെയും എല്ലാം കറുപ്പും എളുപ്പമായി കാണുന്നു എന്നൊക്കെ പറയുന്നത് അസംബന്ധമാണ് ഒന്നും ആർക്കും കാണാൻ പറ്റത്തില്ല പിന്നെ നമുക്ക് യോഗിയൊന്നും ആവേണ്ട സാധാരണ ഒരു ശാസ്ത്രത്തിൻ്റെ ശാസ്ത്രത്തിൽ പറയുന്ന സത്യമാണെങ്കിൽ അത് വെച്ച് മനസ്സിലാക്കാം അനുമാനിക്കാം എന്താണോ സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ പുണ്യമുണ്ടെങ്കിൽ ദുഃഖിക്കുന്നുണ്ടെങ്കിൽ പാപമുണ്ട് അത് അനുമതി ആണ് ശാസ്ത്രത്തെ പ്രമാണമാക്കിക്കൊണ്ട് ചെയ്യുന്ന അനുമാനമാണ് അതിനപ്പുറം പുണ്യഭാവങ്ങളെ കുറിച്ചൊന്നും ഒരു യോഗിക്കും ആരെയും ഉള്ളിലിരിക്കും എന്നറിയാൻ പറ്റില്ല കാരണം അത് യോഗ്യമല്ല അതുകൊണ്ട് സിദ്ധാന്തം അതുകൊണ്ട് കുറോക്ഷ പറയുന്നത് എന്താണ് സിദ്ധാന്തി പറയുന്നത് എന്താണ് അവയോ അവേദ്യം എന്ന് ചേർത്തില്ലെങ്കിൽ അവരോക്ഷ വിഹാര പറഞ്ഞു കഴിഞ്ഞാൽ പടാദികളിൽ പോകും അത് ഒഴിവാക്കാൻ അവേദ്യമെന്ന് ചേർത്തു എന്നാൽ അവേദ്യം മതി അപരോക്ഷകാര യോഗ്യം വേണ്ട എന്നാണെങ്കിൽ അവേദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധർമാദികളിൽ പോയതാണ് സിദ്ധാന്തി പറയുന്നത് അപ്പോൾ പരോക്ഷം പറയുന്നു ധർമാദികളും വേദ്യമാണ് ഇങ്ങനെ യോഗികൾക്ക് പ്രത്യക്ഷമാണ് യോഗി ഗമ്യമാണ് അതുകൊണ്ട് അവേദ്യം എന്ന് പറഞ്ഞാൽ അവിടെ പോകത്തില്ല അവേദ്യം മതി എന്നാണ് അപ്പം സിദ്ധാന്തി പറയുന്ന അതല്ല അത് യോഗികൾക്ക് യോഗിഗമ്യമല്ല ധർമാദികൾ അവയോദ്യ എന്ന് മാത്രം പറഞ്ഞാൽ അവിടെ പോവും അത് ഒഴിവാക്കാൻ വേണ്ടി എന്ത് പറയണം അവയധ്യത്വ വിശിഷ്ട അപരോക്ഷ വികാര യോഗ്യത്വം ഇത്രയും വേണം ഇതാണ് ഇതുവരെ ഉള്ള ചർച്ചയുടെ ചുരുക്കം ഇന്ന് വായിച്ച ഭാഗങ്ങൾ ഇതാ പറയുന്നു മനസ്സിലാക്കി പ്രശ്നമൊന്നും ശ്ലോകത്തിന് ശ്ലോകവാർത്തികാർത്തി തന്ത്രവാർത്തികം ശ്ലോകവാർത്തികം ടൂ മൂന്ന് ഭാഗമായിട്ടാണ് എഴുതിയിരിക്കുന്നത് കുമാരലഭട്ടൻ നിന്നംസ ശാബരഭാഷ്യത്തിന്റെ വ്യാഖ്യാനം ആദ്യം കുറച്ച് ഭാഗങ്ങൾ തന്ത്രവാർധികം അല്ല ശ്ലോകവാർത്തികം അല്ല പേരെങ്ങനെയാണ് അത് കഴിഞ്ഞ് വരുന്ന തന്ത്രവാർത്തികം പിന്നെ ടൂ ടുപ്റ്റീക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില വാക്കുകൾ മാത്രമേ എഴുതിയിട്ടുള്ളൂ ശ്ലോക വാർത്തക എന്ന് പറയുമ്പം വിശദമായ വ്യാഖ്യാനം തന്ത്രവാർത്തത്തിന് അതും കുറയും എന്തുകൊണ്ട് ഈ പേര് വന്നു എന്നുള്ളതിന് വ്യക്തമായ മറുപടി ആരും പറയുന്നില്ല പല വ്യാഖ്യാനങ്ങളും പറയുന്നുണ്ട് അതുപോലെ ഈ മൃദധാരണ വാർത്തകാര്യ അത് അതിന്റെ തുടക്കത്തിലുള്ള ഒരു ഭാഗം ബാക്കിയുള്ള വാർത്തീയത്തില് ആ തുടക്കഭാഗം ഒരു പത്തൊന്നൂറ് വാർത്തീയങ്ങൾ നൂറല്ലേ ഇരുന്നൂറ്റി ശേഷം ഉണ്ടെന്നു സംബന്ധവാർത്തി എന്ന് വെച്ചാൽ അവള് തുടക്കത്തിനും പറയുന്നുണ്ടല്ലോ ഭാഷകാരം പറയുന്നുണ്ടല്ലോ ഇതെന്തുകൊണ്ടിങ്ങനെ വ്യാഖ്യാനിക്കുന്നു എന്റെ പൂർവ്വം ഇന്നതായിരുന്നു എന്ന് പറഞ്ഞ് തുടങ്ങുന്ന അതിനെ തന്നെ വ്യാഖ്യാനിക്കുന്നു കർമ്മകാണ്ഡവൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്തി വിധി എന്നൊക്കെയായിട്ടൊക്കെ വ്യാഖ്യാനിക്കുന്നു സംബന്ധവാർത്തികമെന്ന് പറയും യോഗിപ്രത്യക്ഷ ഗമ്യതയാവർമാധീന യോഗിപ്രത്യക്ഷ ഗമ്യതയാ അപരോക്ഷത്വം ധർമാധീന യോഗിപ്രത്യക്ഷ ഗമ്യമാണ് ധർമാദികൾ അതുകൊണ്ട് അതിന് അപരോക്ഷത്വം ഉണ്ട് എന്നുവെച്ചാൽ അതിന് വേദ്യത്വം ഉണ്ട് അതുകൊണ്ട് അവേദ്യത്വം എന്ന് പറഞ്ഞാൽ ധർമാദികളിൽ പോകത്തില്ല എന്ന് പൂർവക്ഷി പറയുന്നു അതിനെ നിഷേധിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം പറഞ്ഞത് എന്നാച്ചാ ഇത് എന്നാശ്യം എന്നാണ് എന്തുകൊണ്ട് ചോദനേക പ്രമാണവേദ്യത്വ ത്രേഷ ധർമാദികളെ കുറിച്ച് അറിവുണ്ടാകും പക്ഷെ അത് ചോദനേക പ്രമാണവേദ്യമാണ് വിധിവാക്യം അതാണ് ചോദന ചോദനേക പ്രമാണം ചോദന ഏക പ്രമാണഗമ്യമാണ് വേറെ അതിനു പ്രമാണോ ഒന്നുമില്ല ധർമാദികളെ കുറിച്ച് അറിയാൻ എന്നർത്ഥം അപ്പൊ ചോദനയിൽ നിന്ന് ഗമ്യമാകുമ്പോൾ അത് വേദ്യമാകത്തില്ലേ അതിന് മറുപടി പറഞ്ഞു എന്താണ് അത് വൃത്തി ഉള്ളൂ അത് നേരത്തെ വിശിഷ്ട ശബ്ദ പ്രമാണബല തഥാകാര ധീവൃത്തി സമുല്ലാസം മാത്രാദേവ തദ്വ്യവഹാര ചോദനയിൽ നിന്ന് ജ്ഞാനം അവേദ്യം തന്നെ എന്ന് ചുരുക്കം പറയുന്നു യോഗികൾക്ക് അങ്ങനെ ധർമ്മം അറിയില്ല എന്ന് ഒന്നു കഴിഞ്ഞാൽ ദോഷമാണല്ലോ അതാണ് പറയുന്ന ചേതാവത സർവദർശിത്വ അഭാവ യോഗിന യോഗികൾക്ക് സർവദർശിത്വം ഇല്ലെന്ന് പറയേണ്ടി വരും എല്ലാം അറിയുന്നവരല്ല എന്ന് പറയേണ്ടി വരും ചേതാവത സർവദർശിത്വ അഭാവ യോഗിനുന്നു ആ സർവദർശിത്വം എന്ന് പറയുന്ന അർത്ഥത്തെ ഒന്ന് സങ്കോചിപ്പിക്കണം സർവദർശിത്വം എന്ന് വെച്ചാൽ എല്ലാം അറിയുന്നു സർവദർശിത്വ ശബ്ദേനെ യോഗ്യ സർവ്വദൃഷ്ടിത്വ സ്വീ വച്ചു യോഗ്യമായല്ലാം അറിയും യോഗ്യമല്ലെങ്കിൽ അറിയില്ല ധർമാദികളൊക്കെ ഒന്നും അറിയത്തില്ല യോഗ്യമല്ലാത്ത ഇതാണ് സർവദർശിത്വ ശബ്ദേന യോഗ്യ സർവ്വദൃഷ്ടിത്വം യോഗ്യമായ സർവ അറിയാൻ പറ്റും അല്ലാതെ സർവ്വദർശിത്വ യോഗികൾക്ക് സാധ്യമല്ല സമീപ ഇവിടെ ചോദനേക ധർമ്മ പ്രമാണ വേദിത്വം എന്ന് പറയുമ്പോൾ യോഗി പ്രത്യക്ഷവും വേദത്തിൽ നിന്ന് തന്നെ ഉണ്ടാകുന്നുള്ളൂ എന്നാണ് അർത്ഥം അതായത് യോഗ്യപ്രത്യക്ഷ ഗംഭ്യതയ അപരോക്ഷത്വ ധർമാധീന ഇതിനവാച്യം എന്നു എന്ന് പറയാൻ പാടില്ല പിന്നെ ധർമാദികളെ കുറിച്ച് ഞാനുണ്ടാകുന്ന എങ്ങനെ ചോദനക പ്രമാണ വേദിത്വ ദേഷം എന്ന് പറഞ്ഞാൽ ധർമാദീനാണ് മനസ്സിലായോ ധർമാദികൾക്ക് ചോദനേക വ്യതിത്വമാണ് ദേഷാന്ന് വെച്ചാൽ യോഗികളെന്നല്ല യോഗി പ്രത്യക്ഷ അതാണല്ലോ ഇവിടത്തെ വിഷയം യോഗ്യമല്ല എന്നുവെച്ചാൽ ഏതാവിധ സർവ്വദർശ്യത്വഭാവ യോഗ്യന ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ യോഗികൾക്ക് സർവദൃശ്യത്വം ഇല്ലാതെ വരും പറയുന്നുണ്ട് യോഗ്യമായ വിഷയങ്ങളെയും ദർശിമാവും എത്രശയോ ദൃശ്യ സതിലംഗന ദൂരസൂക്ഷദ്രൂപേ ശ്രോത്രവർത്തി എത്രാപ്യ അതിശയോദൃഷ്ട എന്ന് പറഞ്ഞാൽ എവിടെയാണോ ഏത് വ്യക്തികളിലാണോ അതിശയം കാണുന്നത് സാധാരണ മനുഷ്യർക്കില്ലാത്ത കഴിവുകൾ കാണുന്നത് സിദ്ധിയാണ് എന്നൊക്കെ പറയുന്നത് അത് ഉണ്ടെന്ന് പക്ഷേ സത്ഥ അനതിലംഘനാ അത് സ്വവിഷയത്തെ ഉല്ലംഘിക്കാനാണെന്ന് വെച്ചാൽ ആ വ്യക്തിയിലുള്ള ആ ഇന്ദ്രിയങ്ങളുടെ വിഷയങ്ങൾ ഉല്ലംഘിക്കാതെയുള്ളൂ ഇന്ദ്രിയങ്ങളുടെ വിഷയം എന്താണോ അതിനനുസരിച്ച് അവർക്ക് യോഗ്യ വിഷയങ്ങളെ സംബന്ധിച്ച് വിശേഷജ്ഞാനം ഉണ്ടാകും സാധാരണക്കാർക്കില്ലാത്ത ജ്ഞാനം അതിനാണ് കഴുകന്റെ ഉദാഹരണം പറയുന്നത് മനുഷ്യന് കാണുന്നതിൽ കൂടുതൽ കഴുകന് കാണാൻ പറ്റും അതാണ് സാർത്ഥഅ അനധി ദൂര സൂക്ഷ്മുഷ്ടു സാദ് ഒരു യോഗിയുടെ കണ്ണില് എന്താണോ ദൂരവസ്തുക്കളും സൂക്ഷ്മവസ്തുക്കളും വിഷയമാകും എന്താണ് ദൃഷ്ടവും ദൂരസൂക്ഷ്മി വിഷയങ്ങൾ കണ്ണിന് വിഷയമാകാം മറിച്ച് ന രൂപേ ശ്രോത്രവർത്തിത എന്നുവെച്ചാൽ രൂപത്തിൽ വൃത്തിത്വം സ്വോത്ര വിഷയത്വം അത് വരത്തില്ല രൂപം ചെവി കൊണ്ട് കാണുക അത് സംഭവിക്കത്തില്ല എന്ന് പറഞ്ഞാൽ എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ശ്രവണേന്ദ്രിയെന്ന് പറയുന്ന ആ ഇന്ദ്രിയത്തിന് യോഗ്യമായ വിഷയമല്ല രൂപം അത് കാണിക്കാനാണ് ഉദാഹരണം പറയുന്നത് അയോഗ്യമായ ഒരു വിഷയത്തെ ഒരിക്കലും ിയത്തിന് വിഷയമാക്കാൻ പറ്റത്തില്ല അതുപോലെ തന്നെ എല്ലാ ഇന്ദ്രിയങ്ങളെ സംബന്ധിച്ചും മനസ്സിനെ സംബന്ധിച്ചും അല്ല അപ്പൊ ശരി ഇന്ദ്രിയങ്ങളുടെ കാര്യം കോട്ടെ മനസ്സുകൊണ്ട് അറിയാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ധർമാദികൾ അയോഗ്യമാണ് അതുകൊണ്ടൊരിക്കലും മനസ്സുകൊണ്ട് അതിനെ അറിയാൻ കഴിയില്ല ഇന്ദ്രിയങ്ങളൊണ്ട് സത്യമല്ല എന്നർത്ഥം ഇത്യായ ഇതുകൊണ്ടാണ് അദ്വൈതികള് സർവദൃശിത്വത്തെ അംഗീകരിക്കുന്നുണ്ട് യോഗികളിൽ പക്ഷേ അതിന് ചില പരിമിതികളുണ്ട് അതല്ലാതെ നിരുപാധികമായൊരു സർവദൃശിത്വ യോഗികളിൽ സ്വീകരിക്കുന്നുണ്ട് അദ്വൈതി അംഗീകരിക്കുന്നുണ്ട് ഈ വിഷയത്തെ കുറിച്ച് സന്ദർഭികമായിട്ട് ഇവിടെ എന്റെ ഈ പരിപാടി തുടങ്ങുന്ന സമയത്ത് ഞാനെന്ന് പറഞ്ഞുപോയി അന്ന് എന്നെ കടിച്ചു നിർത്തുന്നതിന്റെ ബാക്കി ഞാനാണിപ്പോ ഇവിടെ ഇരിക്കുന്നത് ബാക്കിയെല്ലാം തിന്നുപോയി അതങ്ങനെ ശരിയാകും യോഗി എന്നൊക്കെ പറഞ്ഞ സർവ സരഞ്ജന്മാരെന്നൊക്കെയാണ് ധരിച്ചിരിക്കുന്നത് അപ്പതുക്കലും ശരിയാകത്തില്ല അങ്ങനെ പറയാൻ പാടില്ല ഞാൻ യോഗികൾക്ക് വിരോധിയാണ് ഹിന്ദു വിരോധിയാണ് പിന്നെ എന്തൊക്കെ പറഞ്ഞു എന്നറിയത്തില്ല എവിടെയൊക്കെ ചെന്നെത്തി എന്നുള്ള കാര്യം ഇതിലുള്ള സത്യമാണ് ഞാൻ പറഞ്ഞത് ഇത് വായിച്ചുപോയി അറിഞ്ഞുപോയി കേട്ടുപോയി അത് ഞാൻ മനപ്പൂർവൊന്നും പറഞ്ഞില്ല ഒരു യോഗിയേം അപമാനിക്കാൻ വേണ്ടിയൊന്നും പറഞ്ഞില്ല ഇതാണ് അദ്വൈതത്തിന്റെ കാഴ്ചപ്പാട് ഇത് ഞാൻ പറഞ്ഞതും ഇത് അദ്വൈതികളെ ചാടി വീഴുന്നത് അദ്വീതമൊക്കെ പഠിച്ച് പാളയിൽ കെട്ടിവെച്ചിരിക്കുന്ന ആൾക്കാരാണ് പറയുന്നത് അതെങ്ങനെ ശരിയാക്കും പറയാൻ പറ്റുന്ന അപ്പോ ഇത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് സാധ്യമല്ല എന്ന് വിചാരിച്ച സിദ്ധിയേസ് അതീന്ദ്രിയ ജ്ഞാനത്തെ ഒന്നും നിഷേധിക്കുന്നുള്ളൂ പക്ഷെ അയോഗ്യമാണ് വിഷയമെങ്കിൽ ജ്ഞാനം ഉണ്ടാകത്തില്ല അതേ പറയുന്നു യോഗ്യമായ കാര്യങ്ങളെ അറിയാം എന്നിട്ട് അതിന് ഒരുപാട് പരിമിതികളുണ്ട് അറിയുന്നതിന് അങ്ങനെ ഏതെങ്കിലും ഒരു സർവജ്ഞൻ ഈ ലോകത്ത് എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഈ ലോകം ഇങ്ങനെയായിരിക്കും ഒരിക്കലും ലോകം ഇങ്ങനെ ആയിരിക്കത്തില്ല എന്നുവച്ചാൽ വരാൻ പോകുന്ന എല്ലാ ദുരന്തങ്ങളും രേഖപ്പെടുത്തി വയ്ക്കും അപ്പോൾ മനുഷ്യനെല്ലാത്തിനും എന്തിനും മുൻകരുതലെടുക്കും അപ്പോൾ ലോകമെന്ന് പറയുന്നത് സുഖസമ്പൂർണ്ണമായിരിക്കും അപ്പോ അതൊന്നും ലോകത്ത് ഇതുവരെ നടന്നിട്ടില്ല എത്രയോ സിദ്ധന്മാർ കടന്നുപോയി അതോടൊപ്പം തന്നെ എത്രയോ ദുരന്തങ്ങൾ കടന്നുപോയി ആർക്കെങ്ങനെ പരിഹരിക്കാൻ പറ്റിയോ ഒന്നും പറ്റുന്നില്ല പിന്നെ ചെറിയ നമ്മുടെ മനുഷ്യന്റെ ചെറിയ അറിവ് വെച്ച് ആ ശരി ആ വഴിക്ക് പോകരുത് അവിടെ ഒരു പുലിയുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊടുക്കാൻ പറ്റും അവിടെ പോവാതിരിക്കുമ്പോൾ അവനെ പുലി കടിക്കത്തില്ല ഇതിനപ്പുറം സർവരോഗ നിര നിവാരകമായ ഒരു ഔഷധം കണ്ടുപിടിച്ചാൽ മതിയായിരുന്നല്ലോ സർവജ്ഞനെല്ലാം അറിയാമെന്ന് ഈ ലോകത്തുള്ള ഒരു കുഴപ്പമില്ലാത്ത ഒരു സ്ഥലം ചൂണ്ടിക്കാണിച്ചു എന്തെല്ലാം പരിഹാരങ്ങളുണ്ടായിരുന്നു ഈ മനുഷ്യ സമൂഹം ഇത്രയും കാലം അനുഭവിച്ച ദുരന്തങ്ങൾ കഷ്ടപ്പാടുകൾ ഒരു സർവജ്ഞം വിചാരിച്ചാൽ തീർക്കാമെന്നുള്ള കാര്യമാണ് ഒന്നും സംഭവിച്ചില്ല ഇന്നിന്ത നടന്നുകൊണ്ടിരിക്കുന്നു പഴയ ദുരന്തങ്ങൾ ഇനിയും വരും പിന്നെ മനുഷ്യൻ കുറെയൊക്കെ പരിഹരിക്കാൻ ശ്രമിക്കുന്നുള്ളന്നും സർവജ്ഞത്വം കൊണ്ടല്ല ചിലർക്ക് ചില കാര്യങ്ങളെ കുറിച്ച് പറയാൻ പറ്റുന്നുണ്ട് ഇല്ലയെന്ന് പറയുന്നില്ല ദീർഘദർശികളായ മനുഷ്യരുണ്ട് അവർ ചില കാര്യങ്ങളൊക്കെ പറയും അതിനപ്പുറം ഇവിടെ സർവദർശിത്വം എന്ന് പറയുന്നതിന് യോഗ്യ സർവ്വദർശ്യത്വം എന്ന് പറഞ്ഞാൽ പ്രശ്നം തുടങ്ങും ഇത്രയുള്ളൂ ഇതൊരു പ്രധാനപ്പെട്ട വിഷയമാണ് ഇതെന്തെങ്കിലും സിദ്ധാന്തത്തോടോ ആരോടെങ്കിലും വിരോധം കൊണ്ടാണ് അവരൊക്കെ ഇതൊക്കെ പറയുന്നത് ഇതൊരു സത്യം ഒരു യാഥാർത്ഥ്യം പറയുന്നതാണ് ഇങ്ങനെയാണ് ലോകം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് അത് അംഗീകരിക്കേണ്ടതിന് അംഗീകരിക്കും അംഗീകരിക്കാൻ കഴിയാത്തതിന് അംഗീകരിക്കുന്നു അത്രേ ഉള്ളൂ ഭാവി എന്ന് പറയുന്നത് മനുഷ്യ സമൂഹത്തിന് ഏറെക്കുറെ അജ്ഞയം തന്നെ ആയിരിക്കും അപൂർവം ചില കാര്യങ്ങളൊക്കെ ചിലപ്പോൾ മനുഷ്യന് ഊഹിക്കാൻ പറ്റുമെന്നുള്ളത് അതൊരിക്കലും അന്യമായി വരത്തില്ല അപ്പോൾ ഇതെല്ലാം ഈശ്വര സിഷ്ടം ആണ് എന്ന് പറയുന്നിടത്തും ഇത് അംഗീകരിക്കുന്നുണ്ട് അങ്ങനെ ഒരുങ്ങിയ ഈശ്വരൻ തന്നെ ഉണ്ടാക്കിയതായിരിക്കും നീ അറിയണ്ട അങ്ങനെ കടന്നോട്ടെ എന്നുള്ള പിന്നെ അവിടെ മനുഷ്യങ്ങളൊന്നും കഷ്ടപ്പെട്ട് യോഗാഭ്യാസമോ എന്തെങ്കിലുമൊക്കെ അഭ്യാസങ്ങൾ കാണിച്ച് അറിയാൻ ശ്രമിക്കുന്നു അത്രയുള്ളൂ എന്തോ ചിലതൊക്കെ അറിയുന്നു ബാക്കിയൊന്നും ഒരിക്കലും അറിയില്ല ഞാൻ എന്തെങ്കിലും അറിഞ്ഞി ഞാൻ എന്നെ രക്ഷപ്പെട്ടു പോയനെ എന്റെ കാര്യം ഞാൻ നോക്കിയാണ് ബാക്കിയുള്ളതൊക്കെ അവിടെ കിടക്കട്ടെ ഏ അറിയാത്തവരോടൊക്കെ നടക്കട്ടെ അറിഞ്ഞ വഴിക്ക് നമ്മളോടേ ഇഷ്ടപ്പെട്ടു പക്ഷെ അറിയാൻ പറ്റുന്നില്ല ഏ അറിയ വഴിയില്ല